പ്രതികാരത്തിന്റെ ദൈവമായ ഹോവേ പ്രതികാരത്തിന്റെ ദൈവമേ പ്രകാശിക്കണമേ ഭൂമിയുടെ ന്യായാധിപതിയെ എഴുന്നേൽക്കണമേ ഡൾക്ക് നീ പ്രതികാരം ചെയ്യണമേ യഹോവേ ദുഷ്ടന്മാർ എത്രത്തോളം ദുഷ്ടന്മാർ എത്രത്തോളം ഘോഷിച്ചുല്ലസിക്കും അവർ ശകാരിച്ച് ധാർഷ്ട്യം സംസാരിക്കുന്നു നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും വമ്പു പറയുന്നു യഹോവെ അവർ നിന്റെ ജനത്തെ തകർത്തുകളയുന്നു നിന്റെ അവകാശത്തെ പീഡിപ്പിക്കുന്നു അവർ വിധവയേയും പരദേശിയെയും കൊല്ലുന്നു അനാഥന്മാരെ അവർ ഹിംസിക്കുന്നു യഹോവ കാണുകയില്ല എന്നും യാക്കോവിന്റെ ദൈവം ഗ്രഹിക്കയില്ലെന്നും അവർ പറയുന്നു ജനത്തിൽ മൃഗപ്രായരായവരെ ചിന്തിച്ചുകൊള്ളീൻ ഘോഷന്മാരെ നിങ്ങൾക്കെപ്പോൾ ബുദ്ധിവരും ചെവിയെ നട്ടവൻ കേൾക്കയില്ലയോ കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ ജാതികളെ ശിക്ഷിക്കുന്നവൻ ശാസിക്കയില്ലയോ അവൻ മനുഷ്യർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നില്ലയോ മനുഷ്യരുടെ വിചാരങ്ങളെ മായയെന്ന് യഹോവ അറിയുന്നു യഹോവെ ദുഷ്ടന് കുഴിക്കുഴിക്കോളം അനർത്ഥദിവസത്തിൽ നീ അവനെ വിശ്രമിപ്പിക്കേണ്ടതിന് നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ യഹോവ തന്റെ ജനത്തെ തള്ളിക്കളകയില്ല തന്റെ അവകാശത്തെ കൈവിടുകയുമില്ല ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞുവരും പരമാർത്ഥഹൃദയമുള്ളവരൊക്കെയും അതിനോട് യോജിക്കും ദുഷ്കർമ്മികളുടെ നേരെ ആർ എനിക്കുവേണ്ടി എഴുന്നേൽക്കും നീതികേട് പ്രവർത്തിക്കുന്നവരോട് ആർ എനിക്കുവേണ്ടി എതിർത്തു നിൽക്കും യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എന്റെ പ്രാണൻ വേഗം മൌനവാസം ചെയ്യുമായിരുന്നു എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവെ നിന്റെ ദയ എന്നെ താങ്ങി എന്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്നോട് സഖ്യതയുണ്ടാകുമോ നീതിമാന്റെ പ്രാണനുവിരോധമായി അവർ കൂട്ടം കൂടുന്നു കുറ്റമില്ലാത്ത രക്തത്തെ അവർ ശിക്ഷയ്ക്ക് വിധിക്കുന്നു എങ്കിലും യഹോവ എനിക്ക് ഗോപുരവും എന്റെ ശരണശൈലമായ എന്റെ ദൈവവുമാകുന്നു അവൻ അവരുടെ നീതികേട് അവരുടെ മേൽ തന്നെ വരുത്തും അവരുടെ ദുഷ്ടതയിൽ തന്നെ അവരെ സംഹരിക്കും നമ്മുടെ ദൈവമായ ഹോവ അവരെ സംഹരിച്ചു കളയും